മനുഷ്യോള ഭൂതം ജലത്തിനശ്ചാദാ പൃഥക് പൃഥക്ൂത മനുഷ്യരി ജീവകോണികൾ അനന്തമായി പറയുന്നത് അനേക ജീവികൾ മരിച്ചു ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയും ഇനി മരിക്കും അങ്ങനെ മരിക്കുന്നവ ജഗത്തി ജീവികൾ ജഗത് ബന്ധത്തിലൂടെ ജീവിക്കുന്നവർ ജഗന്തി പറഞ്ഞാൽ തുടങ്ങാൻ പോകുന്ന ജീവികളിൽ ഞാൻ പൃഥത് ബൃഹത് ആശ ഓരോ ജീവികളെയും പ്രത്യേക വാസനയും ആശ വാസന സംസ്കാരവും നമ്മളത്തിലൂടെ ഉയരാൻ കഴിയുകയാണ് പിന്നെ അവരുടെ ആഗ്രഹം കൊണ്ടും കുഴപ്പമില്ല അതിനനുസരിച്ച് ഉചിതമായി ഉചിതം എന്ന് പറയുന്നവരെ കൂട്ടുപൊടുന്നില്ല ഇന്ന് ജന്മവും എന്ന് പറയുന്ന ധാരണ നഷ്ടം സാധാരണ മതധാർമ്മികളാണ് നമ്മുടെ ഇപ്പൊ ജീവികൾ അവരുടെ ആശയത്തെ ഉദ്ഗം ചെയ്യുന്നതാണ് പ്രാപിക്കുന്നു എന്നുള്ള വാസനയ്ക്കനുസരിച്ചുള്ള ജന്മങ്ങളെ കാണി മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നു പിന്നെ ബന്ധപ്പെടുന്നു മരിച്ചു കഴിഞ്ഞാൽ ഓരോ ജീവികളും അവിടെ അവരുടെ ജന്മങ്ങളെ കാണിക്കുന്നു ഓരോന്നും അതാതെല്ലാം അല്ലാതെ ബൃഹത് ബൃഹത് ഓരോ ആളുകളുടെ വാശിക അനുസരിച്ചുള്ള ജന്മങ്ങളും അപ്പോ ആ പുതിയൊരു ജന്മത്തെ പ്രാപിക്കണമെന്നും അതൊരനുഭവമാണ് എന്ന് പറഞ്ഞാൽ ഇടുന്നതും ഗത്തിയർന്നുകൊണ്ട് അപ്പം ജ്ഞാനാർത്ഥമുണ്ട് അവിടെ ആശക്കനുസരിച്ചുള്ള സംസാരത്തിനനുസരിച്ചുള്ള ജന്മങ്ങളെ അനുഭവിക്കുന്നുണ്ട് അതാണ് പൊട്ടുമ്പോൾ ശരിയാണ് അവിടെ പോക്ക് വരവുന്നു പുതൻജന്മത്തെ അംഗീകരിക്കുന്നു പക്ഷെ പുനർജന്മം എന്ന് പറയുന്നത് ഈ സാധാരണ പറയുന്നത് കൊണ്ട് മരിച്ചിട്ട് വേറെ കയറി പോവുക വേറെ റോഡ് ചെയ്തത് അങ്ങനെ തന്നെ കൂടെ പറയുന്നത് പുനർജന്മം എന്ന് പറയുന്നത് ജീവന്റെ ഒരു അനുഭവമാണ് ആ അനുഭവം ഒരു ഭ്രാന്തിയാണ് ഭ്രാന്തി എന്തായാലും ഒരു കാര്യം കൂടാതെ മരണത്തോടുകൂടി അവസാനിക്കുന്നു ഇപ്പൊ മരണത്തിന് ശേഷം ആ ജീവബോധം നിലനിൽക്കുന്നു മരണത്തിന് ശേഷം ആ ജീവബോധത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതാണ് പ്രത്യേകം ആ അനുഭവ സത്യമാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ മനസ്സിലാണ് സാർ പറയങ്ങളോട് മരിച്ച് സഞ്ചരിച്ച് വേറെടുത്ത് പോകുമ്പോൾ ധരിക്കാം പറയുക നമ്മുടെ നേരത്തെ പറയും അതിവാഹികൾ നമ്മൾ അവിവാഹികൾ നേരവും ഇവിടെ അവിവാഹികൾ നേരവും ഒക്കെ പറഞ്ഞ് തന്നെ ഇവിടുത്തെ രീതിയിൽ സ്വീകരിക്കുക അതെല്ലാം ജീവബോധം ജീവബോധത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാവും ഇപ്പൊ വന്നത്തോടുകൂടി ജീവബോധം നഷ്ടപ്പെടുന്നില്ല പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഭ്രാന്തിയാണ് ഈ അനുഭവങ്ങളല്ല എന്തുകൊണ്ട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭ്രാന്തിയാണ് ഇപ്പൊ നല്ല ജീവിതം അനുഭവിക്കുന്നതും അതുകൊണ്ട് വിശദീകരിയം നടന്നുവരുന്നു ഇന്ദ്ര സങ്കൽപ്പ നിർമ്മാണമുള്ള മനോരാജ്യവിലാസ ഇന്ദ്രജാലമാല തഥാമതിഭാസവർ ദുർവാളഭോഗം വൈ ത്രാല വിശാല മുക്താണോ ഇവ അമലേ നുസന്ദദിനാണ് സ്വപ്നസീലവ സ്മൃതിജാതമു ജഗസംസരണം സ്വാതം അനുഭവം ജഗത് സംസ് പറഞ്ഞ ജീവന്റെ ജനന മരണങ്ങൾ കരുതാ ജഗത്ത് എന്ന് പറഞ്ഞ ജീവനാണ് ജഗത് സംസ്രണം എന്ന് പറഞ്ഞാൽ ജീവന്റെ ജനന മരണങ്ങൾ അതിൽ മൃഗൻ മരിച്ചവർ അനുഭവിക്കുന്നു ജനന മരണമെന്ന് പറഞ്ഞൊരു അനുഭവം ചിലരും അനുഭവമാണ് മരണവും അനുഭവമാണ് അപ്പോ മരിയില്ലാണെങ്കിൽ ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ട മരിയിൽ അത് ശരി ഉറക്കുമ്പോൾ ഉറക്കത്തിൽ ബോധം നഷ്ടപ്പെടുന്നു പക്ഷെ വീണ്ടും കൂടെ ഏതും ബോധം വരുന്ന ജാഗ്രതയായിട്ട് സ്വസ്ഥമായിട്ടുള്ളവരാണ് അതുപോലെ മരണസമയത്തും ബോധം നഷ്ടപ്പെടുന്നു പക്ഷെ അതാണ് ജലസംസ്കരണം ജലന മരണം എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വീണ്ടും ഒരു ബോധം ഉണ്ടാവും ആ ബോധം എന്താണ് അതൊരു ബോധം ഭ്രാന്തിയാണ് അനുഭവം സത്യമാണ് പക്ഷെ അനുഭവം അത് ഭ്രാന്തിയാണെന്നുള്ളത് ഒറ്റമാക്കി പറയാം അതിന് നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ് ഈ വാസത്തിന്റെ ഒരു ഒറ്റവാക്കിൽ പറയുന്ന കാര്യങ്ങളും ബോധം പരത്തിൽ പറയുക നമ്മൾ വരത്തിൽ പറയുന്നതേ പറയുക നമ്മുടെ ഒരു ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അനുഭവം ജനനമരണ അനുഭവത്തെക്കുറിച്ച് പറയുക സങ്കൽപ്പനിർമ്മാണ വിവ നിങ്ങൾ ബോധപൂർവം സങ്കല്പിച്ചെന്തെങ്കിലും അങ്ങനെ സൃഷ്ടിക്കുന്നുണ്ട് വാസ്തവത്തിനൊന്നും ഭാഷ്യമായി ഒന്നും സൃഷ്ടിക്കുന്നില്ല പക്ഷെ സങ്കല്പത്തിനല്ല സൃഷ്ടിക്കുന്നു എല്ലാതിന് ഭാഗ്യമായി പ്രവർത്തിച്ച് ഉണ്ടാകും അതാന്ന് പറഞ്ഞാൽ ഒരു കുടവുണ്ടാക്കുകയാണ് കുടത്തിൻ്റെ വലപ്പും ആകുകയും രൂപം ഇതെല്ലാം ആദ്യം സങ്കല്പം കൊണ്ട് നിർമ്മിക്കും തൻ്റെ മനസ്സിൽ അവിടെ ഒരു സങ്കല്പ നിർമ്മാണം നടന്നു ആ സങ്കല്പ നിർമ്മാണം നടത്തുന്നതിന് ശേഷിയോട് പാത്രത്തെ ഉണ്ടാക്കാൻ വേണ്ടി ആ സങ്കല്പ നിർമ്മാണം എന്ന് പറയുമ്പോൾ അയാൾ പാത്രം ഉണ്ടാക്കുന്നവർ അയാളുടെ സങ്കല്പത്തിലെ അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യും നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം ആദ്യ സങ്കല്പത്തിൽ ചെയ്യും അങ്ങനെ മുൻകൂട്ടി നമുക്ക് ഒരു സങ്കല്പം ഇല്ലാതെ കാര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അത് നമ്മൾ പറയുന്ന ഒരു ഐഡിയ വരും എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതും ഒരു സൃഷ്ടിയാണ് പക്ഷെ മനസ്സിൽ സൃഷ്ടിക്കുന്നു ഭൗതികമായ ബാഹ്യമായ ശക്തിക്ക് മുന്നാലേ സംഭവിക്കും പക്ഷെ അത് വാസ്തവം എന്ന് വെച്ചാൽ കൂടെ പറയുന്നത് വാസ്തവം വല്ല അതുപോലെയാണ് ജനത്തിലും മര ജനത്തിനും മരണത്തിനുള്ള ജീവന്റെ അനുഭവം പിന്നെ മനോരാജിമ മനോരാജി രാഷ്ട്രം പിന്നെ മനോരാജ്യം എന്ന് പറയുന്ന ഇതല്ല ഇവിടെ നമ്മൾ ബോധപൂർവം സങ്കല്പിക്കുകയാണ് അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രവർത്തിക്കാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയുന്ന വളരെ ബുദ്ധിപൂർവ്വമായി ആലോചിച്ച് സങ്കൽപ്പിക്കുന്നു മനാലോയ്ക്ക് അങ്ങനെയല്ല നമ്മൾ ഒഴുകിപ്പോകുന്നോ എവിടെ പോകുന്നു നോക്കി തന്നെ അറിയേണ്ടത് നമ്മളൊരു സങ്കല്പ ലോകത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ നമ്മളറിയാതെ നമ്മുടെ സങ്കല്പത്തെ ഒഴുകിപ്പോകുന്ന മനോരാജ് അതുപോലെ എന്ന് പറയാം അതും യഥാർത്ഥമാണ് സങ്കൽപ്പത്തിന്റെ യാഥാർത്ഥ്യമേ സങ്കൽപ്പത്തിന് ഒരു യാഥാർത്ഥ്യം ഭൗതികമായ യാഥാർത്ഥ്യമോ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്തത് സങ്കൽപ്പിക്കുന്നതാണെന്നുള്ളത് ആദ്യം പറഞ്ഞ ഭൗതിക യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന സങ്കൽ സത്യം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അസത്യം എന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി വ്യത്യസ്തം ഉണ്ടാകുമെന്ന് പറയുന്നത് രണ്ടും ഒന്നല്ല വിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ അതിൽ രണ്ടിനും നമ്മൾ സാന്ത്വികമായി കഴിക്കേണ്ടത് രണ്ടും ഭൗതിക യാഥാർത്ഥ്യമാണ് സങ്കല്പിക്കുന്നതാണ് പക്ഷേ അറിയാതെ പോകുന്നു പക്ഷെ രണ്ടും അസത്യമാണ് എന്റെ സാധർമ്മ്യണ്ടി പിന്നെ ആവർത്തിക്കാൻ പറ്റും രണ്ടിനൊരു സാധർമ്മ്യമുണ്ട് മനസ്സുകൊണ്ടൊരു കുടത്തെ ഉണ്ടാകുന്നു വാസ്തവത്തിൽ കുടത്തെ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണോ മനസ്സുകൊണ്ടുണ്ടാകുന്ന കൊടാൻ സത്യമല്ല അതുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ട് വെള്ളം ഉണ്ടാക്കാത്ത വെള്ളം പോരാൻ പറ്റാത്ത പാകം ചെയ്യാൻ പറ്റാത്തത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് രണ്ടും ഒന്നല്ല ഇനി പറയുന്ന ഒരു ഉദാഹരണങ്ങളും ഒന്നല്ല ഇവിടെ തീർന്നത് ഇനിയും പറയുന്നുണ്ട് പക്ഷെ അസത്യത്തോന്നൊരു സാധാരണ എല്ലാം മരണശേഷം ഒരാൾ അനുഭവിക്കുന്നത് അസത്യമാണ് ഞാൻ ഈ ഇന്ദ്രജാല ഒരാളെ മാല ഉണ്ടാക്കി കാണിക്കുന്നു അതുപോലെ ഈ മുമ്പ് പറഞ്ഞ ഉതാകുന്ന പോലെയല്ല വേറെയാണ് പക്ഷെ അതും എന്താണോ അതും അസത്യമാണ് ആ കാര്യം പറയാൻ നമ്മൾ കാണുന്നത് എന്താണോ അതും അസത്യമാണ് മാല കഥാർത്ഥ പ്രതിഭാസം നമ്മുടെ മുമ്പിലിരുന്ന ഒരാള് കഥ പറയുക നമ്മള് ആ കഥയുടെ ലോകത്ത് മുഴുകിപ്പോകുന്നു നമ്മുടെ മനസ്സ് സത്യമല്ല അല്ലെങ്കിൽ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നു ആ കഥയുടെ ലോകത്ത് നമ്മളങ്ങ് മാനസികമായും ഒഴുകുന്നു സത്യമല്ലെന്ന് നമുക്കറിയാം പക്ഷെ മുഴുകുന്നുണ്ട് തന്നെ ചെയ്യുന്നു മോഹൻലാൽ കാര്യങ്ങളും നമ്മളും കാര്യങ്ങളും അത് വല്ല അഭിന അതാണ് കഥാർത്ഥ പ്രതിഭാസം കഥാർത്ഥം സത്യമല്ലെന്ന് നമുക്ക് ബോധമുണ്ട് അത് വേറെ സിനിമയാണെന്ന് പറയാം സിനിമയാണെങ്കിൽ കാര്യങ്ങൾ നമ്മളെ ആരെങ്കിലും മരിച്ചു നമുക്കെന്തെങ്കിലും നഷ്ടം വന്നോ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നോ അങ്ങനെയുള്ളൊരു കഥയല്ല പക്ഷെ കഥാർത്ഥ പ്രതിഭാസം എന്ന് പറയുന്നത് അതിന്റെ അനുഭവം എന്ന് പറയുന്നത് സത്യമല്ല പക്ഷെ നമുക്കെന്ത് ചെയ്യുന്നു സത്യം പോലെ അനുഭവപ്പെടും സത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ദ്രജാലോന്ന് ജാലക്കാർ കാണിക്കുന്ന മാല സത്യമാണെന്ന് വിചാരിച്ചു ഇവിടെ എല്ലായിടത്തും അങ്ങനെ അതാണ് കഥാർത്ഥ പ്രതിഭാസം പണ്ട് സിനിമയില്ല അതുകൊണ്ട് പണ്ട് കഥകളിൽ കഥ ഉദാഹരണം പറഞ്ഞു അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്താണ് എന്താണ് വെറും വ്യക്തിയാണ് പക്ഷെ എന്നാലും നമ്മൾ വാദം പിത്തം കഫോം പറയുന്ന ഈ മൂന്ന് ദോഷം അതിന് വാദാധിക്യം കൊണ്ടെന്ന് വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ചതാൽ വിറയിലുഭവം അപ്പൊ നമുക്ക് നമ്മൾ ഭൂമി കൂട ഭൂമിയല്ല കുനങ്ങുന്നത് പിന്നെയാണ് കൊണ്ട് നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം എന്ന് പറയാൻ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കറങ്ങിക്കിടക്കുമ്പോൾ സ്കൂളിൽ പിടിച്ച് കറങ്ങുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു ഭൂമി കറങ്ങുന്നതിന് ആശാതായിരിക്കും ഇവിടെ പറയുന്നു ദുർഭാകം പോകുമ്പോൾ പഴയകാലത്ത് ഈ ഇയർ ബാലൻസ് അതിന്റെ പ്രശ്നമാണെന്നും പഴയകാലത്ത് അറിയത്തില്ലല്ലോ ശരിക്കും അത് നമ്മുടെ ശരിക്കും അസ്ഥയും ഉള്ളിൽ തരുന്നൊരു പ്രശ്നമാണത് വട്ടികവും പറയുന്ന പ്രശ്നം അത് എക്സർസൈസ് ചെയ്ത് പഴയകാലത്തിൻ്റെ അതിൻ്റെ ഇത് വാദം കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് ദുർവാദ ഭൂകമ്പം എന്ന് പറയുന്നത് ഭയന്ന ഇരുട്ടിന് ഭയന്ന ബാലൻ വിശാചം കാണുന്നതാണ് ബാലൻ എന്ന് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നതാണ് ശരിയല്ല ബാലബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞി പറയും നമ്മുടെ ബുദ്ധി ബാലബുദ്ധിയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും മരിക്കാൻ കിടക്കുന്ന സമയത്ത് വിശാചിനെ കാണും പിശാചൊക്കെ വന്നു വിളിക്കുന്നു കൊണ്ടുപോകാൻ കയ്യിൽ കയറുണ്ട് കാളനുണ്ട് പുറത്തിരിക്കുന്നു നമ്മൾ മരണം തരം ബാലന്മാരായി അങ്ങനെയുള്ളവരിതൊക്കെ കാണും പിന്നെ അതിന്റെ പേടി ഞാൻ വരുന്നില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഇതാണ് ക്രസ്ത ഭാര പക്ഷേ ഇത് കുട്ടി കുഞ്ഞ് മനസ്സായതൊന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഭയന്ന ബാലം ഇരട്ടിലും ദിശാവണം അവിടെ നിന്നൊന്നും ഭ്രാന്ത്യം ഇതുപോലെയാണ് വരണ സമയത്ത് നമ്മുടെ അനുഭവങ്ങളെന്നോ ഭരണ സമയം തന്നെ ശേഷമുള്ള കാര്യമാണ് മുക്താമലി അമലേ യോമിനി നല്ല തെളിഞ്ഞ ആകാശത്ത് സൂര്യന്റെ പ്രകാശം ദീർഘമായ പ്രകാശം സൂര്യകിരണങ്ങൾ എന്താണ് മുത്തുകൾ പോലെ തോന്നുക ഇത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് അത് സൂര്യൻ സാറിന് ആകാശത്തെ നോക്കിയാൽ നമ്മൾ പ്രകാശത്തെ കാണും കിരണങ്ങളെ കാണുന്നത് സൂര്യകിരണങ്ങൾ പക്ഷെ ഒരു അത്ഭുതമായ പ്രതിഭാസം വിശാലമായ തെളിഞ്ഞ ആകാശങ്ങളെ ചില ചിലവ് കാണപ്പെടുന്നു അതാണ് മുത്ത അല്ലെങ്കിൽ അമന അവകാശങ്ങൾ നൌസ് ബന്ധം തരിയാണ് ഇത് വളരെ സർവ്വസാധാരണമാണ് ബസ്സിലിരിക്കുമ്പോൾ ആടുത്തിരിക്കുന്ന ടക്കം തന്നെ പിറകോട്ട് പോകുന്ന പോലെ പോകുന്നു അതുകൊണ്ട് വള്ളം കൊണ്ടും പടത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഭാഷകാരും പറയുമ്പോൾ തരിയാണ് ഇത് ഭ്രാന്തി സ്വപ്ന സംവിധി പുരവ സ്വപ്നത്തിൽ കാണുന്ന പട്ടണങ്ങളെപ്പോലെ അത് സാധാരണമാണ് സ്വപ്ന സംവിധിയെന്ന് സ്വപ്നം പോലും സ്മൃതിജാല ഖപുഷ്പവർ ഖപുഷ്പം അങ്ങനെ ഒരു സാധനമില്ല എന്നാൽ ഇല്ലാത്ത ഒന്നിനെ സ്മരിക്കുന്നത് പോലെ ആകാശപുഷ്പം മനസ്സിൽ വരുന്നത് പോലെ ഇല്ലാത്ത മനസ്സിൽ വരുന്നത് പോലെ മുതൽ കമ്പാവാശം മനസ്സിൽ കാണുന്നത് പോലെ സ്മൃതി ജാതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രത്യക്ഷമായ അനുഭവത്തിന് എന്തായാലും യാതൊരു സാധ്യതയില്ല ഇനി ഇങ്ങനെയൊക്കെയുള്ള മനസ്സിൽ വരുന്നത് ഒരു സ്മരണ പോലെ പ്രത്യക്ഷം അല്ലാന്ന് കാണിക്കുന്നു ശരി അത് തന്നെ അതുകൊണ്ട് നമ്മൾ അസത്യവും നടത്താം അനുഭവം കൊടുത്തുണ്ടാകുന്ന സ്മൃതി അല്ല സ്മൃതി അസത്യമായ സ്മൃതി ഉണ്ടാകുന്നത് അങ്ങനെ ജഗത് സംസ്മരണം ജീവന്റെ ജനനമരണങ്ങൾ അതിനുള്ള ജഗത് സംസ് ജീവന്റെ ജനനമരണങ്ങള് സ്വന്ത അതിന്റെ ജീവബോധത്തിൽ സ്വന്ത എന്ന് പറയുന്ന ജീവബോധം ഇതിന് ഇതിനെ ഈ ഒരുപാട് ഉദാഹരണങ്ങൾ എന്തിനാണ് ഇത്രയും ഉദാഹരണങ്ങളോട് ഒന്ന് പറഞ്ഞ പോലെ കാരണം ഇവിടെ ജീവന്മാർ അനന്തമാണ് മരിച്ച എല്ലാവരുടെയും അനുഭവം ഒരുപോലെയല്ല നേരെന്ത് പറഞ്ഞു വ്യാം ആശാം പൃഹക് ആശാം അവരവരുടെ വാസന അനുസരിച്ച് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഭ്രാന്തികളാണ് ഉള്ളത് മരിച്ചു കഴിഞ്ഞത് മൃതോ സ്വയം എന്ന് തോന്നി മരിച്ചവർ നിങ്ങൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ടാവും വ്യത്യസ്തങ്ങളായ ലോകങ്ങളെ അനുഭവിച്ചു ആ മരിച്ചവരോടുകൂടി ബോധം നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇപ്പൊ മരണശേഷം എന്ത് ചെയ്യുന്നു ബോധം തുന്നു ജീവന്റെ ഉള്ളെന്ന് പറയുന്നത് എന്താണ് അവന്റെ ബോധം ബോധത്തിൽ അവന്റെ വാസനയനുസരിച്ച് അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ടാവും എന്തു തോന്നുന്നു കേട്ടിട്ട് എന്തെങ്കിലും തോന്ന ശങ്കരാൈതത്തിന്റെ എന്റെ അടുത്ത് സങ്കരാദ്വൈതത്തിന്റെ അതിന് ഞാൻ പറയാം ഇതല്പക്കൂടെ പറയാമല്ലോ അത് കഴിഞ്ഞിട്ടു തത്ര അതിപരിണാമേന തതീവ ഘനതാഗത്തോ ഈ ലോകവും വൈകി ജീവാകാശേ വിജൃംഭതെ അപ്പോ ഈ മരിച്ചവനിങ്ങനെ എന്ന് വരുന്നു മനസ്സിൽ ഭ്രാന്ദ്യം ഉണ്ടാവും അത് വാസന കൊണ്ടാണങ്ങനെ ഉണ്ടാവും ആ അനുഭവം ഇവിടെ പറയുന്നു ആ വാസനകളെന്ന ഖനീഭവി എന്ന് വെച്ചാൽ ണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നവും ജാഗ്രതും പോലെ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ജാഗ്രത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന എന്താ അതല്ല ഒരു വാസനവും ഉള്ളിലുണ്ടായിരുന്ന വാസന കൊണ്ട് സംസ്കാരം കൊണ്ടുണ്ടായ തോന്നലുകളാണ് അതിനെ ഒരിക്കലും ഉണർന്നു ഒരാൾ യഥാർത്ഥമായി അംഗീകരിക്കാൻ പറ്റുന്നത് എല്ലാ അനുഭവം ഉണ്ടായി ഇവിടത്തെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം അടുത്ത് കണ്ട് സംസാരിച്ചു പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അതെല്ലാം വാസനാമയമാണ് ഭ്രാന്തി അപ്പോ അതുപോലെ ഒരു അനുഭവമാണ് വലിയ കഴിഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാകുന്നത് ആ അനുഭവം തന്നെ ഇനി ജാഗ്രത്തിലേക്ക് വരുമ്പോഴോ നമ്മളിവിടെ ജാഗ്രതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഗ്രതകളെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്കിതിന്റെ സ്വപ്നമൊന്നും കരുതാൻ പറ്റും ഒരിക്കലും പറ്റും അതിപ്പോ ചോദിച്ചത് ശാന്തര ഭാഷ വൈദർമ്യാഖ്യ സ്വപ്നമാണ് നിങ്ങൾ തോന്നുന്ന വായിച്ചു രണ്ടാമതായി അവിടെ ആ കാര്യം ഭക്ഷിക്കാരും വ്യക്തമായി പറയുന്നു ഇതിലൊരിക്കലും നമുക്ക് സ്വപ്നം എന്ന് പറയാൻ പറ്റും പല കാരണങ്ങളുണ്ട് പക്ഷേ ഈ സ്വപ്നത്തിൽ കണ്ടത് നമുക്കിപ്പോ സ്മരിക്കാൻ കഴിയുന്നുണ്ട് സ്വപ്നം നമ്മുടെ ഒന്നിലില്ല തിരുവനന്തപുരം യഥാർത്ഥമാണ് സ്വപ്ന ഇങ്ങനെ തമ്മിൽ എന്താ വ്യത്യാസം ഇവിടെ കേവലം ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യബോധം മാത്രമല്ല ഇവിടെയുള്ള വസ്തുക്കളെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ആ വസ്തുക്കളെ അതിൻ്റെ ഗുണങ്ങളോടും എല്ലാ ധർമ്മങ്ങളോടും പൂർണ്ണമായ വ്യക്തതയോടെ കാലദേശങ്ങൾക്കെല്ലാം അനുകൂലമായി നമ്മൾ ജാഗ്രതകളിൽ നിരന്തരമായി അനുഭവിച്ചുകൊണ്ട് അപ്പോൾ ഇതിനെ വേണമെങ്കിൽ പറയാം നമ്മൾ സ്വപ്നത്തിൽ കണ്ടതിൻ്റെ ഒരു ഘനീഭൂത രൂപമാണ് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് നമ്മൾ ഒരു സ്ഥായിത്വത്തെ പ്രാപിച്ച ഒരു രൂപമാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ അല്ല നമുക്ക് വേണമെങ്കിലും പറയാം അപ്പോൾ വാസനാമയമായ ലോകത്ത് ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഒരാൾ അയാൾ അനുഭവിക്കുന്നവയെ തന്നെ എന്താണ് ഖനീഭൂതമായ ഖനീഭൂതമാണെന്ന് വെച്ചാൽ കട്ടി പിടിച്ചു എന്നുള്ളതാണ് കാരണം അതങ്ങനെയൊക്കെ അങ്ങനെയുള്ള വാക്കുകളിലൂടെ വിശദീകരിക്കാൻ അപ്പോൾ വാസനാമയമായ ഒരു പ്രപഞ്ചം ഖനീഭൂതമായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് നമുക്ക് പരട്ടോ മരിക്കുമ്പോൾ വാസനാമയമായി കാണുന്നു ക്രമേണ ചെയ്യുന്നു നരകത്തിലോ സ്വർഗത്തിലോ ഒക്കെ എത്തിച്ചേരുമ്പോ ഇവിടം പോലെ തന്നെ അവിടെ എന്താവുമ്പോൾ അത് ധനീഭൂതമാകുന്നു എന്നാണ് അപ്പോ അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് ഒരു വഴിയേ ഉള്ളൂ എന്താണ് സ്വപ്നവും ജാഗ്രത സ്വപ്നം മാസനാമയമാണെങ്കിൽ ജാഗ്രത ഹനീഭൂതമാണ് ഇതിന് നീളവും വീരി വണ്ണം ഖനവും എല്ലാമുള്ള യഥാർത്ഥ വസ്തുക്കളുമായിട്ട് നമ്മൾ നിരന്തരം സംവേദിക്കും ഈ നൈലന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ വൈകർമ്യാശനാ സ്വപ്നാദികൾക്ക് പോലും സ്വപ്നം കഴിയാത്തതെന്നാണ് വലിയ എന്നാണ് ഗുരുതരമായ വ്യത്യാസം സ്വപ്നത്തെ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അനുഭവകാലത്ത് അത് യഥാർത്ഥമായ നമുക്ക് അനുഭവപ്പെട്ടാലും നമുക്കതിനുപേക്ഷിച്ച് വ്യാഗ്രഹത്തിലേക്ക് വരുമ്പോ നമുക്കിവിടെ അതിന്റെ ബാധ അനുഭവിക്കേണ്ടി വരും അത് മറഞ്ഞു പോകും നമ്മുടെ ഓരോ സുഷക്തിയിലും നമ്മൾ സ്വപ്നത്തെ അനുഭവിക്കും നമ്മൾ ജാഗ്രതയിൽ നിന്ന് എന്ത് ചെയ്യുന്നു അടുത്തൊരു സുഷൃക്തിയിലേക്ക് പോകും സാർ നമ്മുടെ സ്വപ്ന അനുഭവ സുഷൃതിയുടെ സുഷുയിലാണെന്ന് തന്നെയാണ് ഭാഷകാലം പറയും കാരണം തുടർന്നു കഴിഞ്ഞതിന് ശേഷം പറയുന്നുവോ സ്വപ്നം കൊണ്ട് ഞാൻ ക്ഷീണിച്ചുപോയി വീട് മനസ്സിലും അല്ലാത്തൊരു അസ്വസ്ഥത കാരണം സ്വപ്നത്തിൽ ഭീകര ഈ വേളയിലുണ്ട് പറയുന്ന സ്വപ്നം സുശുദ്ധി തന്നെയാണ് സ്വപ്നം ആ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഈ ജാഗ്രതത്തിലേക്ക് വരാം ഈ ജാഗ്രത നമുക്കൊരു കാര്യം ഉള്ള കൊണ്ടെത്താനോ നമ്മൾ കഴിഞ്ഞൊരു ജാഗ്രതയിൽ നിന്നാണ് വന്ന് നമ്മളിന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്തെന്ത് ചെയ്യും പല ജാഗ്രതകളിലേക്കും പോകും തുടർച്ചയുണ്ട് ജാഗ്രത ഒഴുക്കുണ്ട് നമ്മളൊരു സുഷുതിയിലെ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് നേരെ അടുത്ത സ്വപ്നത്തിലേക്ക് ചാടാൻ കഴിയത്തില്ല അതൊന്നും കഴിയില്ല സ്വപ്നത്തിൽ നിന്നും നമ്മൾ ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജാഗ്രത്തിൽ നമ്മൾ വീണ്ടും സുഷുപ്തിയിലേക്ക് പോകും സുഷുപ്തിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ എന്താണ് പുതിയൊരു സ്വപ്നമാണ് നമ്മളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ സ്വപ്നത്തിന്റെ തുടർച്ചയല്ല ജാഗ്രത പോലെ നമ്മുടെ ഭാര്യയും ഓനമാർട്ടും എങ്കിൽ ജാഗ്രത നമ്മൾ തുടർച്ചയായി അനുഭവിക്കുന്നത് പോലെ എന്താണ് ഒരു സ്വപ്നം അത് കഴിഞ്ഞ് ജാഗ്രക്ക് അതിനു കഴിഞ്ഞ് സുഷുപ്തി അവിടെ കഴിഞ്ഞ സ്വപ്നത്തിൻ്റെ തുടർച്ച അത് അനുഭവിക്കാൻ പറ്റും അത് നമുക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയും എന്താണ് സ്വപ്നത്തിന് നമ്മൾ ചിലപ്പോ അനേക ജന്മങ്ങളൊക്കെ സ്വപ്നം കണ്ടെന്ന് വരും അതൊക്കെ സംഭവിക്കാം പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതെല്ലാം ആ ഒരു സ്വപ്നത്തിൽ ഒതുങ്ങിപ്പോകും അടുത്തൊരു സ്വപ്നത്തിൽ എന്താണ് അതിന്റെ തുടർച്ച ഉണ്ടാകത്തില്ല അത് വേറെ സ്വപ്നമായിരുന്നു ജാഗ്രത അങ്ങനെയല്ല ജാഗ്രത എന്ന് പറയുന്ന അടുത്ത ജാഗ്രത എന്ന് പറയുന്ന ഈ ജാഗ്രത സ്മരണയോടുകൂടിയാണ് അടുത്ത ജാഗ്രതയിലെത്തിയത് അപ്പൊ ഒരിക്കലും സ്വപ്നവും ജാഗ്രതയും തന്നെയും തുല്യമാകും പറ്റില്ല സ്വപ്നം സ്വപ്നം തന്നെയാണ് അപ്പൊ വ്യത്യസ്തമായൊരനുഭവമാണ് ജാഗ്രത വ്യത്യസ്തമായൊരു അനുഭവമാണ് ഒരിക്കലും ഒന്നാകട്ടെ പിന്നെ ഇത് പക്ഷകാലം തന്നെ നിഷേധിക്കുന്ന കാര്യമാണ് സ്വസ്നവും ഈ ജാഗ്രത സ്വപ്നം പോലെ അത് ഒറ്റവാക്കി പറഞ്ഞാൽ സ്വപ്നത്തിന് ബാധ സംഭവിക്കുന്നു ജാഗ്രത്തിനാണെങ്കിൽ അവർ അസ്യാഞ്ചിത്ത അവസ്ഥ അല്ല പക്ഷേ ഓരവസ്ഥയിലും ബാധ സംഭവിക്കുന്നില്ല ഇനി ഈ ജാഗരത്തിന് ബാധ സംഭവിക്കുന്ന മറ്റൊരവസ്ഥ നമുക്കില്ല സ്വപ്നത്തിന് എന്താണ് ഓരോ ജാഗ്രത്തിനും ബാധ സംഭവിക്കുന്നത് സ്വപ്നം പോയി നമുക്കുള്ളത് സുഷുയാണ് അവിടെ ബോധമില്ല അവിടെ നമുക്ക് അറിയാൻ കഴിയില്ല അവിടെ സ്വപ്നത്തിന്റെ ഭാഗ സംഭവിച്ചു അല്ലെങ്കിൽ ജാഗ്രതത്തിന്റെ ഭാഗ സംഭവിക്കുക എന്നാൽ അവിടെ അനുഭവിക്കണം ബാധയിൽ നിറയുന്ന അനുഭവിക്കും എന്നി അടുത്ത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് സുഹൃത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത് അടുത്ത ജാഗ്രതത്തിലേക്കാണ് അവിടെ ഒരിക്കലും ജാഗ്രതത്തിന്റെ ഭാഗ സംഭവിക്കും മറിച്ച് ജാഗ്രതയ്ക്കുന്ന പ്രൊഫക്റ്റെയാണ് സംഭവം അതുകൊണ്ട് ജാഗ്രത ധരിക്കുന്ന സ്വപ്നം പോലെയാണെന്ന് പറയാൻ ജാഗ്രത ആ സ്വപ്നത്തിൽ ജാഗ്രതത്തിന്റെ ബാധയില്ല കാരണം ാണുമ്പോ നമുക്ക് ജാഗ്രതയായിട്ട് അനുഭവിക്കുന്നു അതുകൊണ്ട് അവിടെ ജാഗ്രത ബാധ സംഭവിക്കുന്നു സ്വപ്നം എന്ന് പറയുന്നൊരു ഭ്രാന്തിയാണ് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ സ്വപ്നം കാണുമ്പം ഇതാ ഇപ്പം നമ്മൾ സ്വപ്നത്തെ കുറിച്ച് സ്മരിക്കുന്നത് പോലെ എന്താണ് ഈ ജാഗ്രത ബാധിച്ച് നമ്മുടെ സ്വപ്നം അങ്ങനെ ഒരു സ്വപ്നമില്ല അവിടെ അവ്യവസ്ഥിതമായി എന്തൊക്കെയോ സംഭവിച്ചു അല്ല ജാഗ്രത്തിന്റെ ബാധ സ്വപ്നത്തെ സംഭവിക്കാം ജാഗരത്തിന്റെ ബാധ ജാഗരത്തിൽ സംഭവിക്കുന്നുണ്ട് കസ്യാഞ്ചിത്തെ അവസ്ഥ ഓരോ അവസ്ഥയിലും ജാഗ്രതത്തിന് ബാധ സംഭവിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം സുശക്തിയിലോ സുശക്തിയിൽ എന്താണ് ബാധയല്ല സംഭവിക്കുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ബോധം നഷ്ടപ്പെടുകയാണ് അവിടെ നമുക്ക് ബോധം നഷ്ടപ്പെടാം ഇനി ചെറു പറയാതല്ല സമാധിയിൽ ബാധ സംഭവിക്കുന്നു അതും അബദ്ധമാണ് ഇതുകൊണ്ട് സമാധിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സമാധി കഴിഞ്ഞു നിങ്ങൾ പറയണതാ ഇവിടെ ജാഗ്രത ബാധിച്ചു പോയെന്നാണ് അതില്ലെങ്കിൽ അത് സമാധിയല്ല മനസ്സിലാക്കി അപ്പൊ സമാധി നഷ്ടപ്പെട്ടു ഇതുകൊണ്ട് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തെയാണോ നിങ്ങൾ ധ്യാനിക്കുന്നു ആ വിഷയത്തെക്കുറിച്ചുള്ള സമ്പ്രജ്ഞാതജ്ഞാനം അവിടെ യഥാർത്ഥമായ അതേ ഉണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലും ഞാനുണ്ടായി ഉണ്ടായി നിങ്ങൾ സമാധിയിൽ നിന്ന് തെറിച്ച് വേറെ എവിടെയെങ്കിലും പോയി ഞാനും ജാഗ്രത്തിന്റെ ആണ് ഭാഷകാരം പറയും കസ്യാഞ്ചിത്തവസ്ഥായ ഒരവസ്ഥയിലും ജാഗ്രതത്തിനും പാൽ സംഭവിച്ചില്ല സംഭവിക്കുന്നുണ്ട് പിന്നെ ചിലർ പറയും തുരീയം തുരീയത്തിൽ ജാഗ്രത മതപ്രഭാഷക ധാരാളങ്ങൾ അതും ശരിയല്ല എന്നുണ്ട് ത്വര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനുള്ളത് എന്താണ് ആത്മസരമാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നിനും ബാധയില്ല ഒന്നും സംഭവിക്കാത്ത സ്ഥാനമാണ് ആത്മാവെന്ന് പറയുന്നത് എന്താണ് സ്വയംപ്രകാശമായ അറിവാണ് യുടെ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നു അതുകൊണ്ട് സ്വപ്നം ബാക്കിക്കുന്നത് കൊണ്ട് തന്നെ അത് ജാഗ്രത സ്വപ്നം പോലെയല്ല ഇതൊക്കെ ഭാഷകാരം പറയുന്നുണ്ട് ക്ഷണികഴിക്കാനോ ആദികളെ ഖണ്ടിക്കാൻ വേണ്ടി പറയുന്നു പൈതൃമേജന സ്വപ്ന സ്വപ്ന സൂത്രങ്ങളിലൊക്കെ എടുത്തു നോക്കണം അവിടെ ഇപ്പോൾ ക്ഷണികഭിക്കാനവാക്കൾ എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം സ്വപ്നം പോലെയാണ് ഈ ലോകം ഇതൊക്കെ കണ്ടുപിടിച്ചാലാണ് ആരായിട്ടുണ്ട് അദ്വൈദികളൊന്ന് പ്രസംഗിച്ചുകൊണ്ടിറങ്ങുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച ഭൗതന്മാരാണ് ബൗദ്ധന്മാരാണ് ഇത് കണ്ടുപിടിച്ചത് സ്വപ്നം പോലെയാണ് ഈ ലോകം അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സ്വപ്നവുമായി ബന്ധപ്പെടുത്തിയ പറയും ആ ഇവിടെ പറയുന്നത് എന്താണോ ഈ ജാഗ്രതവും ഭ്രാന്തിയാണ് ഈ ജാഗ്രത അനുഭവത്തെക്കുറിച്ച് എന്താ പറയുക മരണശേഷം നോക്കനുഭവം ആ അനുഭവം ഭ്രാന്തിയാണ് വാസനാമയമായ ഒരു അനുഭവം അത് ഭ്രാന്തിയാണ് ഭ്രാന്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വപ്നം പോലെ എന്ന് പറയാം അക്കാര്യന്റെ കൂടെ ഞാനിപ്പോ പറയും ജാഗ്രത സ്വപ്നം പോലെ എന്ന് പറയുന്നതാണ് ഭാഷ്യകാരം നിഷേധിച്ചത് അങ്ങനല്ല ഇതാണ് ഭാഷകാരൻ ദൃശ്യം പൈതർമ്യ എന്ന് വെച്ചാൽ ജാഗ്രതവും സ്വപ്നവും തമ്മിൽ കണ്ടു കണ്ടാണ് ഭിന്ന സ്വപ്നമാണ് ജാഗ്രത സ്വപ്നം പോലെയല്ല അക്കാര്യം പറഞ്ഞാണ് ഭാഷ്യകാരൻ എന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത് എനിക്കത് പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ല ഭാഷകാർ ബൗദ്ധന്മാരെന്താ പറഞ്ഞത് യുജന്മാർ പറയുന്നത് നമ്മുടെ ഈ അറിവ് ഞാനിപ്പോ പുസ്തകത്തെ അറിയുന്നു അറിവിൽ നിന്ന് വേറിട്ടൊരു പുസ്തകമില്ല വിജ്ഞാനവാദികൾ പറയുന്നത് അറിവിൽ നിന്ന് വേറിട്ടൊരു പുസ്തകമാണ് എന്താണ് പിന്നെ പുസ്തക സേന പറഞ്ഞ് വേറിട്ടൊന്നില്ല അതില് സൗത്രാലയന്മാർക്കും വൈഭാഷികന്മാർക്കും മാധ്യമന്മാർക്കും വിജ്ഞാനവാദികൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് പൊതുവായ കാര്യം ഞാൻ പറയാം നാല് പേരെയും ഭാഷകാരൻ നിഷേധിക്കുന്നു ഭാഷ്യകാരന് മുമ്പ് വളരെ പ്രചരിച്ചിരുന്നതാണ് പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനമായ ഇവരുടെ ഈ പുസ്തകം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിജ്ഞാനമാണ് അല്ലാതെ വിജ്ഞാനത്തിൽ നിന്ന് വേറെ വിജ്ഞാനം ക്ഷണിക വിജ്ഞാനമാണ് പുറത്തേക്ക് ജ്ഞാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് വേറിട്ട പുസ്തകമില്ല ഇതാണ് അവർ പറയുന്നത് അതെങ്ങനെ ശരിയാവും അതിലവർ ഉദാഹരണം പറയുന്നതാണ് അതിന് സ്വപ്നം പോലും കാരണം നമ്മൾ സ്വപ്നം കാണും പുസ്തകമൊക്കെ അവിടെ നിങ്ങളുടെ സ്വപ്നം ജ്ഞാനത്തിൽ നിന്ന് വേറൊരു പുസ്തകം ഉണ്ടാകും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു ജ്ഞാനമാണ് എല്ലാവരും അംഗര ആ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തു കൂടെ ഉണ്ടോ ഏ ഉണ്ടോ എന്തുകൊണ്ടില്ല അത് നമ്മൾ ബാധിച്ചു കൊണ്ടു ബാധ എന്ന് പറയുന്നത് ഉണരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലുണ്ടായത് കേവലം ഒരു ജ്ഞാനമാണ് ഒരറിവാണ് അവിടെ ആനയും മുതിരെയും പശു ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കേവല ഈ ജാഗ്രത് പ്രപഞ്ചം അതുപോലെ ഒരു വ്യത്യാസം ഇത് ആദ്യമായി പറഞ്ഞത് ആരാണോ ബുദ്ധന്റെ അനുയായങ്ങളാണ് അപ്പോ ഈ അദ്വൈതത്തിന്റെ നിർമൃതിക്ക് ഭാഷകാരൻ ഉപയോഗിച്ചോ ഇത് തന്നെയാണ് പക്ഷേ സ്വൽപ്പം വ്യത്യാസം അല്പം വ്യത്യാസപ്പെടുത്തി പക്ഷേ പൗദ്ധന്മാർ പറയുന്ന ഒരു കാരണം വിശാലുകയായിരിക്കും അറിവിൽ നിന്ന് വേറിട്ട് പുസ്തകം ഉണ്ട് എന്നാണ് ഭാഷകാരന്റെ നിലപാട് സ്വപ്നത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം സ്വപ്നത്തിൽ എന്താണ് ദേവനാറുകയാണ് ജാഗ്രത അതുപോലെ എന്ന് പറയാൻ പാടില്ല ഇവിടെ എന്താണ് വ്യത്യസ്തമായി പദാർത്ഥങ്ങൾ അപ്പോൾ ഭക്ഷ്യത ചോദിക്കുന്നത് ഇതൊക്കെ പറഞ്ഞേ ഓർമ്മയേണ്ട ഏ ഓർമ്മയുള്ളവർക്ക് വീണ്ടും പറഞ്ഞാൽ മോർഡിക്കും ഭാഷകാരം എങ്ങനെയാണ് കണ്ടിക്കുന്നത് അങ്ങനെ ഇല്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഭാഷകാരെ കണ്ടിക്കുന്നത് ഓർമ്മയില്ലെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറയുകയും ചെയ്തല്ലോ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പണ്ടെന്തോ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഓർമ്മിക്കുന്നില്ലെന്നാണ് കുഴപ്പമില്ല പക്ഷെ ഞാൻ പുസ്തകത്തെ കാണുന്നു ഇത് കേവലം എന്താണ് ജ്ഞാനം മാത്രമാണ് ഞാനിപ്പോ മേസിയെ കാണുന്നു അല്ലേ അപ്പോ പ്രസ്തകം മേസിയെന്നും പറഞ്ഞ് രണ്ടെണ്ണ അങ്ങനെ സംഭവിച്ചു കേവലം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം ഒന്നല്ലേ ജ്ഞാനൊന്നാണ് ബൗദ്ധന്മാരെന്താ പറയുന്നത് സ്വപ്നം പോലെ സ്വപ്നത്തിൽ കേവലം വിജ്ഞാനമാണ് സ്വപ്നത്തിൽ ഞാൻ മേസിയെ കണ്ടാലും പുസ്തകത്തെ കണ്ടാലും വിജ്ഞാനമാണ് സംഭവിച്ചു വിജ്ഞാനം തന്നെയാണ് പക്ഷെ ജാഗ്രത ഞാൻ എന്ത് ചെയ്യുന്നു മേശയെ കാണുന്നു പുസ്തകത്തെയും കാണുന്നു എന്തുകൊണ്ട് ഇത് രണ്ട് കാണും കേവലം വിജ്ഞാനം ഉണങ്ങി എന്ത് ചെയ്യണം ഒന്നേ കാണുമ്പോൾ പാടുന്നുണ്ട് വിജ്ഞാനം മാത്രമേ ഉള്ളൂ അതിനുഭവന്മാരെന്താ സമാനം പറഞ്ഞത് ഇതാണ് എന്ന കൃത്യമായി പറയുന്നത് അത് അനാദിയായ വാസന വാസന കൊണ്ടാണ് അങ്ങനെ കാണുന്നത് അതായത് അതാണ് അവര് പറയുന്നത് നിങ്ങൾ പുസ്തകത്തെ എന്തുകൊണ്ടിപ്പോ കാണണം സ്വപ്നത്തിൻ്റെ ആയിട്ടില്ല ഇപ്പൊ പുസ്തകവാസനങ്ങൾ മേശ എന്തുകൊണ്ട് മേശയുടെ വാസന ഉണ്ട് വാസന കൊണ്ട് വിജ്ഞാനം തന്നെ പലതായി പുസ്തകമായിട്ടും ഇതാണ് അദ്വൈതികൾ ഇപ്പൊ ആഘോഷിക്കുന്ന ഒരു വാസനയുണ്ട് പക്ഷേ അവർക്ക് ബൗദ്ധന്മാരിൽ നിന്ന് കിട്ടിയതാണ് ബൗദ്ധന്മാരിൽ നിന്ന് അവരെ അടുത്ത് അടിച്ചു മാറ്റിയാണ് അവരെ സമ്മതിക്കത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ വൈകിട്ട് എന്ന് പറയുമ്പോ അദ്വൈതം എന്ന് എന്താ ചോദിക്കുന്നത് ഓർമ്മയില്ല ഇതാണ് നമ്മളൊരു ആശയത്തെ നമ്മുടെ ഉള്ളിൽ ദഹിച്ചു ചേർപ്പിക്കുന്നു ചേർക്കുന്നു മനസ്സിലായോ ഇടയ്ക്കിടയ്ക്ക് അവിടെ കുത്തിക്കേണ്ടെന്നുള്ള വ്യത്യാസം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു മത്സ്യങ്ങളെ ഒത്തിരികേക്കുന്നു പക്ഷേ അത് കളിക്കുന്നു അവിടെ എനിക്ക് തിരിച്ചു കയറി ചോദിക്കുന്നു അങ്ങനെ ഭരണമെങ്കിൽ വാസനയിൽ വ്യത്യാസം വരണ്ടേ വേണ്ടേ നിങ്ങൾ പറയുന്നു വാസന കൊണ്ടാണ് പുസ്തകം ചെയ്തിട്ടുള്ള ഇപ്പൊ എനിക്ക് ഉണ്ടാകുന്നുണ്ട് വാസന എന്തിനെ ആശ്രയിച്ചുണ്ടാവും വിഷയങ്ങളെ ആശ്രയിച്ചല്ലേ ഉണ്ടാവും അപ്പൊ വിഷയങ്ങളെന്ത് വ്യത്യാസിച്ച വാസന വ്യത്യാസം ഉണ്ടാവും ഇതാണ് ശങ്കരാചാര്യാരോട് ചോദിക്കുന്നത് ബൗദ്ധന്മാരോട് ബൗദ്ധന്മാരെന്ന് അവരോട് പറയുന്നത് ാണ് അനാദിയായി വ്യത്യസ്തമായ വാസനകൾ ഇരുപ്പുണ്ട് വിജ്ഞാനത്തിലായിരിക്കുന്നു വിജ്ഞാനത്തെ ആസ്വദിച്ചിരുന്ന വാസന ഇരുപ്പുണ്ട് എന്തറുപാഷ്യകാരൻ എന്തു പറയും അനാദി ക്ഷണികമായ വിജ്ഞാനത്തിൽ അനാദിയായി ഓരോ വിജ്ഞാനത്തിലും വാസനയിരിക്കുന്നു അത് ഒരു സ്വഭാവം പറഞ്ഞു പൂർവ്വ വിജ്ഞാനത്തിലാണ് ഉത്തരവിജ്ഞാനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പക്ഷുകാരൻ പറയുന്നത് അത് അന്ധപരമ്പരയാണ് നിങ്ങൾ വെറുതെ എന്താണ് അറിയാത്ത കാര്യം കൽപ്പിക്കുകയാണ് എന്നൊന്നും ഒരു നിർമ്മാണം കൊണ്ടുവരാൻ എന്ന് പറഞ്ഞെന്ന് അതുകൊണ്ട് ഈ ജാഗ്രത എന്ന് പറയുന്നത് എന്താണ് പിന്നെ ഒരുപാട് വാദങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ ജാഗ്രത വെറുതെ ഇങ്ങനെ ഭാവനയിലൂടെ ഇത് സ്വപ്നം പോലെയാണ് എന്ന് ആരെങ്കിലും പറയുന്നത് വേണ്ടിയിട്ട് ഇത് സ്വപ്നം പോലെയാണ് നിങ്ങൾ സങ്കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് ശുദ്ധമണ്ഠന്മാർ എന്ന് ഞങ്ങൾ വെറും മണ്ടന്മാരല്ല നിങ്ങളെപ്പോലെ ശുദ്ധമണ്ടന്മാരും ലോകത്ത് വരെ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ സ്വപ്നമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ശുദ്ധമണ്ടന്മാരും ലോകത്തില്ല മണ്ടന്മാർ വേറെ അതെ ശുദ്ധമണ്ടന്മാരാണ് എന്തുകൊണ്ട് നിങ്ങളുടെ യുക്തിപ്രവൃത്തിയിൽ വിദ്യയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ജാഗ്രതയ്ക്ക് വേറെയാണ് സ്വപ്നം വേറെയാണ് ഇത് സ്വപ്നം പോലെ അല്ല ഇത് ഇതാണ് ഭാഷകാരം പറഞ്ഞത് മനസ്സിലാക്കി ആ അതൊരു ഈ സ്വപ്ന മൊത്തം എന്ന് പറയുന്നതിന് അവിടെ തന്നെ കണ്ടില്ല അതിനെന്താ സമാനം പറഞ്ഞ ഭാഷകാരൻ അത് തന്നെ അതിനും ഭാഷകാരൻ കണ്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും പക്ഷേ അവിടെ ചോദിക്കുന്നു കിമർത്ഥം വക്കാരോ ഗൾ മന്തി നിങ്ങൾ പറയുന്നത് സ്വപ്നമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനും വക്കെന്ന് പറയും സ്വപ്ന വക്കൗദ്ധന്മാരെന്താ പറയുന്നത് ഇത് സ്വപ്നം തന്നെയാണെന്നാണ് കേവലം ഇത് വിജ്ഞാനം മാത്രമാണോ അല്ലാ വസ്തുക്കളില്ലെന്നാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനു പറയുന്നു ഇത് സ്വപ്ന വത്താണോ ഇവിടെ ചെയ്ത് സ്വപ്നം അല്ലെന്നാണ് സ്വപ്നം സ്വപ്നം അല്ലാത്തത് സ്വപ്നം വത്തെന്ന് വെച്ചാൽ സ്വപ്നം പറയാൻ പറ്റില്ല ഈ സ്വപ്നമേ അല്ല എന്നാണ് ബൗദ്ധന്മാരു സ്വപ്നമത്വം അതിനെയാണ് അതായത് ഇത് സ്വപ്നം എന്നുള്ളതിനെ പക്ഷകാലം ഖണ്ഡിക്കുമ്പോൾ അവർ പറയുന്നു ഇത് സ്വപ്നമത്വമാണ് ഏത് ജാഗ്രത നിങ്ങൾ എന്തിനാ ഇവിടെ സ്വപ്നമത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് സ്വപ്നമല്ല നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ തെളിയിക്കേണ്ടത് കേവലം വിജ്ഞാനം മാത്രമാണ് കേവലം വിജ്ഞാനമാണ് തെളിയിക്കുകയാണെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നു കാരണം സ്വപ്നത്തിനാണെന്നുള്ളത് കേവല വിജ്ഞാനം വിഷയങ്ങളില്ലാതെ വിജ്ഞാനം മാത്രമുള്ളത് സ്വപ്നത്തിന് അതുകൊണ്ട് ഇത് സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് പരമാവത്വമാണ് ഈ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ശുദ്ധവിഡ്ഠികളാണ് ഭാഷകാരും പറയുന്നതല്ല ഞാൻ എന്നാ ഈ സാദൃശ്യം വർഷകാലം പറയുന്ന എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ഇവിടെ തന്നെ ഇത്രയും ഉദാഹരണത്തെ കുറിച്ച് ഉദാഹരണങ്ങളൊക്കെ പറയുന്ന എന്തിനാണ് രജസർപ്പവർ എന്ന് പറഞ്ഞാൽ ഇത് രജുസർപ്പം എന്നാണോ അല്ല എന്താ രജുസർപ്പത്തിനെങ്ങനെയാണോ മിഥ്യാത്വമുള്ളത് അതുപോലെ ഈ ജഗത്തിനും മിഥ്യാത്വമുള്ളത് ആ മിഥ്യാത്വത്തെ പറയുന്നതിന് വേണ്ടിയിട്ട് പറയും അല്ല നിങ്ങൾ ഭാവനാലോകത്തിന് സ്വപ്നമാണെന്ന് പറഞ്ഞ ഭാവനയാണ് വേണ്ടിയിട്ട പറയുന്നു അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാലോ എന്താണ് ഏതാണ് വിദ്യാത്മി എന്താണ് അർഹത എന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ് കറക്റ്റ് എന്ന് പറഞ്ഞ എന്താണ് ഏ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങളാണ് ഇത്രയും കാലം കൂടെയിരുന്നു ഏ നിരങ്ങിയത്ര ഉൾപ്പെടെ അതായത് അത്രയും എത്തി എന്നത് അതായത് നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഭാഷകാരൻ പറയുന്നത് എന്താണ് എന്ത് സ്വപ്നമെന്നൊന്നും അല്ല പറയുന്നത് എന്താണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഭാഷകാരന്റെ ഒരു യൗക്തികമായിട്ട് സജ്ജീകരണം ഒരു യുക്തി വിചാരം നമ്മുടെ അനുഭവത്തെ സ്പർശിക്കുന്ന ഒരു കാര്യം എന്നു പറഞ്ഞാൽ ഈ പ്രപഞ്ചങ്ങൾക്ക് ബ്രഹ്മം പോലെ സത്യമാണെന്നോ ആകാശവിഷമം പോലെ അസത്യമാണെന്നോ ഈ അതാണ് അനിർവചനീയം നിർവചിക്കാൻ രണ്ട് തരത്തിൽ നിർവചിപ്പിക്കാൻ കഴിയാത്തത് തന്നെ അതിൻ്റെ അർത്ഥമാണ് അത് യുക്തി കൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഏ ആ പറഞ്ഞതെന്നുദ്ദേശിച്ചത് അത് കൂടുതൽ ഉദ്ദേശിക്കാൻ മാറുന്നില്ല നമ്മൾ അതിന് വേറെന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് സ്വപ്നമെന്നൊക്കെ പറയും എന്താണോ ആ പറഞ്ഞെന്ന് മനസ്സിലായി അത് അതിന്റെ ദേശ്യം വളരെ വ്യക്തമാണോ ഇത് ആകാശപുഷ്പം പോലെ അസ്വസ്ഥല്ല എന്നാൽ ബ്രഹ്മത്തെ പോലെ സത്വം അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലാകുന്നത് അതി കൂടുതൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാനില്ല എന്തോ ഞങ്ങൾ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പ്രത്യേക അനുഭൂതി ഇങ്ങനെ ഇറങ്ങി കിടക്കണമെന്നൊക്കെ ചെറിയ കിർക്കാണ് വലിയ കൃത് ഞാൻ പറയത്തില്ല ഈ എന്താണ് ഈ തത്വചിന്ത ഇങ്ങനെ ഭാഷകാർ ഇത്തരം പറയൂ ഭാഷികാരൻ തന്റെ യുക്തി കൊണ്ട് അതിനെ നിർവചിക്കുകയാണ് പക്ഷെ ആ നിർവചനത്തിൽ എന്ന് പറയുന്നത് എന്താണോ രണ്ട് തരത്തിലും നിർവചിക്കാൻ കഴിയില്ല എന്നാണ് നിർവചനം ഏത് രണ്ടു തരത്തിലും സ്വത്തായാലും അസ്വസ്ഥായാലോ ഈ പറയുന്നത് കേൾക്കും മനസ്സിലാകുന്നില്ല ഇതൊരു യുക്തിയാണ് ഇതിനപ്പുറം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നുമില്ല ഇത് സ്വപ്നമല്ല പക്ഷെ ഇത് സ്വപ്നമാണെന്ന് പറയുന്നവരെ ബൗദ്ധന്മാർ പറയുന്നത് സ്വപ്നമാണ് അതായത് ഇത് സ്വപ്നമാണെന്ന് നമ്മുടെ തലയ്ക്ക് അവർക്ക് അവർ അടിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ബൗദ്ധന്മാരങ്ങനെ ഒരു നിലപാടും അതോടെ പരിശോധിക്കുക സ്വപ്നമാണ് അതായത് ബൗദ്ധന്മാരാണ് ാണ് പ്രാചീനമായ സന്യാസത്തിൻ്റെ ചേർത്ത് ബോധന്മാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം സന്യാസം എന്ന് പറയുന്നത് അവരെ വളരെ കർശനമായ വിഷയവൈരാഗ്യം അത് ബൗദ്ധന്മാർക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ പറയുക അങ്ങനെ ഒരു സന്യാസത്തിന് വലിയ പ്രചാരം കൊടുക്കുന്നത് അപ്പോ നിർവ്വാണത്തിന് വേണ്ടിയിട്ട് ബുദ്ധൻ ഉപദേശിച്ചത് ഒരു പ്രധാനമായ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഉപേക്ഷിച്ച് കിട്ടിയൊരു എണ്ണം ബുദ്ധനം ചെയ്തു സന്യാസിമാരായി നല്ലൊരു ഭാഗമാണ് അങ്ങനെ നല്ലൊരു ഭാഗത്തെ സന്യാസിമാരാണ് എല്ലാവരും കൊണ്ട് ഭിക്ഷാഭാഗത്തിലോടെപ്പിച്ച് ബുദ്ധൻ ഭിക്ഷാഭാഗമായിട്ടാണ് അങ്ങനെ വരുമ്പോ ഈ സന്യാസത്തിലേക്ക് വന്നാലും ഈ പ്രപഞ്ചത്തിന്റെ വലി അങ്ങോട്ട് വലിക്കും മനസ്സിൽ എന്റെ മനുഷ്യന്റെ മനസ്സിന്റെ ഭൗതിക ആസക്തി അത് സന്യാസം കൊണ്ടാണ് ജയിക്കാൻ പറ്റും സന്യാസം എന്താണ് പുറമേ കെട്ടുന്ന ഒന്നാണ് മനുഷ്യന്റെ ഈ ജീവഘടനയുടെ പുറത്ത് കെട്ടിവയ്ക്കുന്ന ഒരു സാധനമാണ് എന്ത് പുതിയ വീടൊക്കെ വൈകിട്ട് പുറത്ത് ബൊമ്മയൊക്കെ കെട്ടി വയ്ക്കുന്നു അതിന് ഒരു പേര് വേണ്ടി ആ അങ്ങനെ തമിഴ്നാടുകളിൽ അങ്ങനെ മീസൊക്കെ പിടിച്ചതാണ് അതുപോലെ മനുഷ്യന്റെ മേടി കെട്ടിവയ്ക്കുന്ന ഒരു സാധനമാണെന്ന് ഈ സന്യാസവ് മനുഷ്യന്റെ ഭൗതികാസക്തി അതൊന്നും ഇല്ലാതാക്കില്ല നല്ലോണം അതുകൊണ്ട് ഇത് ബുദ്ധന് ശേഷം നിർമ്മാണം എന്നൊക്കെ ആ പക്ഷക്കളുടെ ജില്ല യാഥാർത്ഥ്യമായി അവർക്ക് നേരെയും ഇതാണ് ഭൗതികാസക്തികൾ അവരായിട്ട് അപ്പോൾ അവരെന്തെയ്തു അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധിയാണ് ഈ കൂടുതൽ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യന് ആസക്തമാണ് അതുകൊണ്ട് അവരൊരു സിദ്ധാന്തത്തെ ഉണ്ടാക്കി എന്താണോ ഈ പ്രപഞ്ചം ഒരു സ്വപ്നമാണ് സത്യമല്ല സത്യമല്ലാത്ത പ്രപഞ്ചത്തിനോട് എന്താണോ ആസക്തി വേണ്ട ഇതാണ് അവരെ ഈ പ്രപഞ്ച സ്വപ്നമാക്കാൻ പറയുന്നത് അപ്പോ നിങ്ങൾക്ക് എന്താണ് ഈ പ്രപഞ്ചോത്സവം സ്വപ്നമായി കണ്ടിട്ട് ആസക്തിയെ ജയിക്കാൻ പറ്റുകയും നല്ല വേണ്ടെന്ന് ഞാൻ പറയുന്നു പക്ഷേ എന്താണ് ചില സമയമൊക്കെ സ്വപ്നമായി കാണുക തെന്നെയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പം എന്താണ് സ്വപ്നമല്ലെന്ന് തോന്നുന്നത് അങ്ങനെ നമ്മൾ ആസക്തി ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ വെറുതെക്കാർ സ്വപ്നമാണ് മനുഷ്യമായിട്ട് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കണം ബൗദ്ധന്മാർ പറയുന്നു അത് സാധിക്കും എന്താണ് അങ്ങനെ ഒരു കല്പനയിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരു കാരണവശാലും മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോടൊപ്പം പൊരുത്തപ്പെടാൻ പാടില്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ കർശനമൊയൊണ്ടായിരിക്കണം സ്വപ്നം തന്നെയായിരിക്കും ഒന്നിച്ച ഈ ജീവിതത്തെ വെള്ളം കാണുന്നത് കഴിഞ്ഞ സ്വപ്നത്തെ എങ്ങനെയാണോ ഇപ്പൊ സ്മരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രത്യക്ഷമായ നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഈ ശബ്ദസ്പർശ രൂപരസം നമുക്ക് എങ്ങനെ തോന്നണം എങ്ങനെ കഴിഞ്ഞ രാത്രി സ്വപ്നത്തിന്റെ സ്മരണയായി നോക്കണം ഇതാണ് ബാക്കിയാർ സ്വപ്നവും പിന്നെ ജാഗ്രത നമ്മുടെ വ്യത്യാസത്തെക്കുറിച്ച് പറയും ഓർമ്മയുള്ള ആർക്കും അത് ഉണ്ടാ ഒരു പ്രധാന വ്യത്യാസം പറയും നമ്മുടെ കേട്ടു വരുന്നതിന്റെ പക്ഷേ കാലം പറയുന്നത് അതിൻ്റെ ഒരു പക്ഷകാലം പറയുന്ന എന്താണ് സ്വപ്നം സ്മൃതി ജാഗ്രക്ക് പ്രത്യക്ഷമുണ്ട് ഇതാണ് വ്യത്യാസം ഈ ഒരു അനുഭവത്തെ തകടം പറിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സ്വപ്നമാണെന്ന് ഭാവന ചെയ്താലും നടക്കട്ടെ ചുമ്മാതി ഈ വ്യത്യാസം വളരെ സുദൃഢമായ നമ്മുടെ ബോധമാണ് സ്വപ്നം സമൃദ്ധിയാണ് ജാഗ്രത അതിനകത്ത് സ്മൃതിയും പ്രത്യക്ഷം എല്ലാമാണ് അപ്പൊ ഇതിനെ നമുക്ക് സമീകരിക്കുക ഇത് സ്വപ്നമാകുക എന്നുള്ള നമ്മളെ പോലെയുള്ള മനുഷ്യന്റെ ബുദ്ധിക്ക് നടക്കുന്ന കാര്യമല്ല എന്നാണ് ആര് പറയുന്നത് ഇതൊക്കെ മനസ്സിലാകേണ്ടി വേണം ഇതൊക്കെ സ്വപ്നമാണെന്ന് ആൾക്കാരെ പഠിപ്പിക്കാൻ ഏ സ്വപ്നം അതിനെക്കുറിച്ചുള്ള ചർച്ച അടിച്ചിട്ട് ശരിക്കും പഠിച്ചിട്ട് വന്ന ഇപ്പൊ മസാല പോരാ ശരി ചിന്തിച്ചിട്ട് വന്നാണ് അടുത്ത ക്ലാസ്